പൂർവ്വത്തിലൂടെ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടും ഗുണത്തെ അകത്തി അല്ലാതെ അവരുടെ വഴി അത് ഞാരായ ദേവനായിക്കൊള്ളട്ടെ ദൈവോഭവം ദേവനായിക്കൊള്ളട്ടെ യക്ഷോ രുഷന്മാരായിക്കൊള്ളട്ടെ പുരുഷ മനുഷ്യനായിക്കൊള്ളട്ടെ പാപ പൗക്ഷമായിക്കൊള്ളട്ടെ യാവ മനഃ ഗുണാർജനയിൽ നിന്ന് അഭിനയിഷ്ടം മനസ്സ് ഗുണത്തെ ആർജിക്കുന്നതിന് മുഴുവണം താവുക അതുവരെ ഇഹ കർശ്ചന ഉപ്പായഹ നാസ്തി ഇവിടെ മറ്റു കാര്യത്തിനാണെങ്കിലും മുൻപോട്ട് പോകണമെങ്കിൽ ഗുണത്തെ സമ്പാദിക്കും അത് ദേവന്മാര് യക്ഷന്മാരെന്നൊക്കെ പറഞ്ഞു എന്തുകൊണ്ട് അവർക്കും മോക്ഷത്തിനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഗുണത്തെ സമ്പാദിക്കും ഉക്ഷത്തേന്ന് പറഞ്ഞു അതിനെ വളർച്ചയ്ക്ക് അതിന്റെ ഗുണങ്ങളൊക്കെ ആവശ്യമാണ് അപ്പൊ സർവജീവികളും ഗുണത്തെ ആർജിക്കുന്നതിന് പരിശ്രമിക്കണം അത് നേരത്തെ പറഞ്ഞു പൗരുഷേന പ്രേരിതേന ബന്ധേനും ബന്ധാൻ വളരെ പൗരുഷപ്രേമ അതുപയോഗിച്ച് വിൽ പഴയകാലത്ത് ചർച്ച ചെയ്യുമ്പോൾ വലിപ്പം അവറും ഫ്രീ വില്ല ആ ഏകദേശം ഒരുപോലെയാണ് ചർച്ച ചെയ്ത് ഇന്നങ്ങനെ രണ്ടും രണ്ടായിട്ടാണ് അത് ഇതിനെ കുറിച്ച് അതിന്റെ തന്നെ പ്രകടനം അവിടെ ൃക്ഷങ്ങൾക്ക് എന്താണ് ഒരു കാവ്യമല്ലേ കാവ്യം കൊണ്ടൊരു ഒഴുക്കനങ്ങൾ പറഞ്ഞിട്ടുള്ളതോ അല്ല വൃക്ഷങ്ങൾക്ക് നേരിട്ട് ഈ പറയുന്ന ഒന്നും സാധിക്കുന്ന കാര്യമാണ് വേണ്ടി എന്നുള്ളത് മാത്രം അവരെടുത്താൽ എല്ലായിടത്താൻ പറ്റും കാവ്യ ഭാഷയിൽ പലതും പറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ ഈ നാലിന്റെ കാര്യം പറയാത്ത ഗുണങ്ങളെ ആർജിക്കും അതെല്ലാവർക്കും ആവശ്യം പ്രത്യേകിച്ച് ഈ നാല് കാര്യം പറയണമെങ്കിൽ അവർ കുച്ഛത്തിനെന്താനും പറ്റത്തില്ല ഭക്ഷം ഭക്ഷണം ഒന്നിച്ച കൊച്ചും ആർക്കറിയാം അതിന്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ വളർച്ചയ്ക്ക് വേണ്ട ഗുണങ്ങൾ എന്നേ പറയാൻ പറ്റില്ല അത് ഈ പറഞ്ഞ കാര്യങ്ങളും അവിടെ യോജിക്കുന്നത് മനുഷ്യന്റെ ഗുണങ്ങളൊക്കെ എങ്ങനെയൊക്കെ ശക്തി ദേവന്മാർക്കും അക്ഷന്മാർക്കുമൊക്കെ വരാം അവർക്ക് കുറച്ച് മര്യാദയ്ക്ക് ആവശ്യം പലപ്പോഴും അവർ മനുഷ്യരെ പാളം മോശമായൊക്കെ പ്രവർത്തിക്കും മഹാ ബോർവ് പരിപാടികൾ വെച്ചിട്ടുണ്ട് അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ശരി ഗുണാർജനങ്ങളും എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കും പറഞ്ഞ കാര്യങ്ങൾ സാഹിത്യമില്ല അതിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തങ്ങ് പറയും പ്രത്യേകിച്ച് സ്തുതിപരമായി പറയും ഓരോ ഭാഗത്തും നമുക്ക് അങ്ങനെ കൃത്യമായ അത്സംഘന ഏകസ്മന്നലതി ഗുണേ ബലമുപാഗത്തെ ക്ഷീരത്തെ സർവേവാഷത്തെ ഗുണേ ബലമുപാഗത്തെ ോഷ ചേത്ത് സഹ ആശിക്ഷേ രണ്ട് നമ്മ പറഞ്ഞ നാല് ഗുണങ്ങൾ ഫലത്തെ നൽകുന്നതായ ഏകസിന് ഗുണ ഫലത്തെ നൽകുന്നതായ ഗുണമെന്ന് പറഞ്ഞ വിഷത്തിന്റെ ഗുണത്തിൽ എടുക്കും പരസ്പരം ബന്ധിപ്പിക്കാൻ പറ്റിയിട്ടെന്നൊരു ബല ഉപാകത്തെയും അന്ന് ബലമുണ്ടായിക്കഴിഞ്ഞാൽ ബലത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഫലം നൽകുന്ന ഏതെങ്കിലും ഒരു ഗുണം ബല ഉണ്ടായി കഴിഞ്ഞാൽ വിവശ സഹ മനസ്സിന് വൈവശ്യമുള്ള ഒരുവൻ്റെ സർവേ ദോഷ ആ ശിക്ഷി എന്ത് ചെയ്യുമോ അതിന്റെ സർവദോഷങ്ങളും ചെയ്യും ഗുണം വളരെ പ്രധാനപ്പെട്ടാണെന്ന് അർത്ഥം ആ ഗുണങ്ങൾ ഇത്രയുള്ളൂ എന്ന് ചോദിച്ചാൽ ഇതേ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇവിടെ ആത്മീയമായ ഉന്നതിക്ക് വേണ്ട മൂന്നാല് ഗുണങ്ങളെടുത്ത് പറഞ്ഞത് ഗുണേ ദൂർദ്ധേ വർദ്ധന് ഗുണ ദോഷ ദോഷ ദോഷ ഗുണവിനാശേ ഗുണങ്ങളോഷേയുണേ ദോഷ ജയത്തെ ദോഷത്തെ നശിപ്പിക്കുന്ന ദോഷത്തെ പ്രെടുത്തുന്ന അതിനു നൽകുന്നതായ ഗുണാഹാരം ഗുണം വർദ്ധിച്ച് പൊതുവെ പറയുക എവിടെയാണോ ഗുണങ്ങൾ മാറുന്നത് അവിടെ ദോഷങ്ങളും പക്ഷേ സർവസാധാരണ ദോഷേ വർദ്ധന് ദോഷ ഗുണവിനാശന അതും സത്യമാണ് ദോഷം വർദ്ധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മനുഷ്യരിൽ തന്നെ എടുക്കണം ഗുണത്തെ നശിപ്പിക്കുന്ന ദോഷങ്ങളെല്ലാം വർദ്ധിക്കും ഗുണവിനാസ ഗുണങ്ങളെ നശിപ്പിക്കുന്ന ദോഷങ്ങളെല്ലാം വർദ്ധിക്കും അപ്പം മനുഷ്യരെ അവന്റെ ഗുണങ്ങളെ വർദ്ധിപ്പിക്കാൻ നോക്കണം ദോഷങ്ങൾ വർദ്ധിക്കാനും പാടില്ല ദോഷം വർദ്ധിച്ചാൽ ഗുണം നശിക്കും ഗുണം വർദ്ധിച്ചാൽ ദോഷം ലോകതമനങ്ങൾ കാണും മനോമോഹപേഹ്യസ്മിൻ ദേവിനീ വാസനാസി ബൃഹത്കൂല നിത്യം പോലെ ജന്തുഷു ഇത് വ്യാസഭാഷയിലുള്ള ഒരു വരിയാണ് ചെറിയ വ്യത്യാസത്തോടും തുടക്കത്തോളം മനോമോഹമനെ മനമാകുന്ന മോഹിപ്പിക്കുന്ന വനത്തിൽ വേഗിനി വാസനാസ ശുഭാശുഭ ബൃഹത് പൂല നിത്യം മഹന് ജന്തുഷോ മോഹിപ്പിക്കുന്ന വനം അതിൻ്റെ ഉള്ളിലൂടെ ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു വേഗിനി വേദം വേഗിനും നദിയാണ് വെറുതെ ഒഴുക്കുള്ളതുകൊണ്ട് തന്നെ വേഗന ഒഴുക്കുള്ളതായ ഒരു നദി അത് വാസനാസരത്ത് വാസനയാകുന്ന നദിയാണ് വാസനയാകുന്ന ഒരു നെറിച്ചാൽ ഉള്ളിലൊഴിക്കൊണ്ടിരിക്കുകയാണ് ശുഭ അശുഭബൃഹത്തില്ല അതിൻ്റെ വിശാലമായ തീരങ്ങളെന്ന് പറയുന്നത് ശുഭവും അശുഭവുമാണ് നല്ല വാസനയുടെ ഫലം ശുഭം മോശമായ വാസനയുടെ ഫലം അശുഭം അങ്ങനെയുള്ള ശുഭ അശുഭങ്ങളുള്ള തീരങ്ങളോടുകൂടിയ ഒരു നദി ഒഴികിക്കൊണ്ടിരിക്കുകയാണ് ജന്തുഷു പ്രാണികളും നിത്യം സദാ ഒഴികൊണ്ടിരിക്കുന്നു വാസന വാസനയെ കുറിച്ച് പറയുന്നത് പൊറുജന്മത്തെ അംഗീകരിക്കുമ്പോഴാണ് അപ്പൊ പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ടാണ് വാസന ഉണ്ടായിരിക്കുന്നത് അപ്പോ ഈ സംസാരം ആകുന്ന വനം അത് വളരെ ഒഴുക്കുള്ള ഒരു നദി ഒഴിയുമ്പോഴത്തേക്ക് അനാധികാലമായി അത് വാസനയും ആ നദിയുടെ തീരങ്ങളാണ് സുഖമായി നദി ഒഴുകുമ്പോൾ ഏതെങ്കിലും ഒരു സൈക്കിൾ ഒഴുകും ചിലപ്പം മറുവശത്തോ ചിലപ്പോൾ ഒരു വശത്തൂടെ ഒഴുകുവാണെങ്കിൽ രണ്ടു വശം ചേർന്നൊഴും വെള്ളത്തിൻ്റെ കരി ഇങ്ങനെ മാറിക്കൊണ്ടേ ഒരു സൈഡിൽ കൂടെ ഒഴുകയാണെങ്കിൽ ചിലപ്പോൾ ശുഭമുള്ളിടത്തായിരിക്കും ഒഴുകും അശുഭമുള്ളിടത്തായിരിക്കും അല്ല നിറകഞ്ഞൊഴുകയാണെങ്കിൽ രണ്ട് കരി ചേർന്നൊഴും ഇതൊക്കെ ഈ വാസനാവ് നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ജന്മ ജന്മാന്തരപ്രദമായ ഈ വാസനകൾ മനുഷ്യന് പുണ്യത്തിലൂടെയും പാപത്തിലൂടെയും നടത്തിക്കുന്നു എന്നാണ് ഇത് ലോക നിന്ന് ഇനി വന്നോ ഇതിൽ നിന്ന് ഭാഷത്തിൽ പോയോ എന്നറിയില്ല ിവാഥേസിഥേസി തഥാകീതഗീതയിൽ നിന്ന് അന്നാണ് വാസ്തുതത്തിൽ പല സന്ദർഭങ്ങളും ഇല്ല യഥേച്ഛസി സഹിഷ്യേന പ്രയത്നേന പ്രയത്നം കൊണ്ട് ആ വാസന യസ്മിൻ നേത് കരയിലാണോ യസ്മിൻ പൂലെ ഏതൊരു തീരത്തിലൂടെയാണോ അത് ഒഴുകുന്നത് തേനിയോ അതിനനുസരിച്ചായിരിക്കും എന്റെ ഒഴുക്ക് മുമ്പോട്ട് പോകുന്നു പുണ്യത്തിന്റെ തീരത്തിലാണ് വാസനയെങ്കിലും പാപത്തിന്റെ തീരത്തിലാണെങ്കിൽ അങ്ങനെ രണ്ട് തീരത്തും നിറഞ്ഞു കവിഞ്ഞോഴുകയാണെങ്കിൽ അങ്ങനെ അപ്പോൾ പാപവാസനയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവിടെ തീരുമാനിക്കണം അതിൽ നിന്നും മാറി പുണ്യത്തിന്റെ തീരത്തുകൂടി ഒഴുകണമോ തീരുമാനിക്കണം ഇനി പാപവും പുണ്യവും രണ്ടു കരയും നിറഞ്ഞൊഴുകയാണെങ്കിലും പാപത്തിൽ നിന്ന് മാറി പുണ്യ വഴിക്ക് സഞ്ചരിക്കണമോ വാസന അതും തീരുമാനിക്കും അപ്പം അപ്പോൾ ഒരു അപ്പൊ ആ പൗരുഷ പ്രയത്നം കൊണ്ട് വിൽപ്പവർ അതുകൊണ്ട് എന്തിനാണ് നീ എന്താണോ ആഗ്രഹിക്കുന്നത് തഥാ ആ വഴിക്ക് പോകും നീ ആഗ്രഹിക്കുന്ന വഴിക്ക് പോകും ആഗ്രഹിക്കുന്ന വഴിക്ക് പോകാൻ പറഞ്ഞ് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഗീതയിലേക്ക് വരുമ്പോൾ ഞാൻ നമുക്ക് വ്യാഖ്യാനിച്ചാണെന്നല്ല ആൾക്കാർ പറയുന്ന ഗീത വളരെ സ്വതന്ത്രമായ ഗ്രന്ഥമാണ് എല്ലാം ഉപദേശിച്ചതിനു ശേഷം പറഞ്ഞു ഇഷ്ടമുള്ള ജീതാളം പറഞ്ഞു ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ഗ്രന്ഥം ബൈബിളില്ല ഖുറാനില്ല അതൊക്കെ നേരിടാണ് ഗീത എന്ന് പറയും ശരിക്കും ഗീത അങ്ങനെയാണോ എന്തുകൊണ്ടും അല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടല്ലെന്ന് പറഞ്ഞു എന്താ പറയുന്നത് എന്തു പറയുന്നെന്ന് പറയും ഇഷ്ടം പോലെ ചെയ്യാനാണോ ഗീ പറയുന്നത് ആ അനുശ്രോഷ്യസി വിനക്ഷ്യസി ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നീ മുടിഞ്ഞു പോകൂ അപ്പൊ പിന്നെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും തോന്നുന്നു ഭഗവാൻ ഉണ്ടാകണം ഭഗവാൻ കർമ്മയോഗത്തിന്റെ വഴി പറഞ്ഞുകൊടുത്ത് സന്യാസങ്ങൾക്ക് പറ്റിയെന്നും പറഞ്ഞു ഈ രണ്ടു വിഷയങ്ങൾ അവിടെയുള്ള എല്ലാം ഉപേക്ഷിച്ചു പോകുന്ന സന്യാസം അന്ന് എനിക്ക് പറ്റിയത് നീ കർമ്മം ചെയ്തതെന്ന് എന്നിട്ട് പറഞ്ഞു നിനക്കിഷ്ടം പോലെ ചെയ്യാം എന്നാണ് പക്ഷേ അതിന് മുമ്പ് തന്നെ പറഞ്ഞു ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നീ നശിച്ചു പോകും ഭഗവാൻ പറഞ്ഞതെന്ന കർമ്മം ചെയ്യാനോ അപ്പൊ അത് യഥേച്ച സി യഥാഗുരു എന്ന് പറയുന്ന അതുകൊണ്ട് അവർക്കെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല പിന്നെ പറയുന്നത് എന്താണോ ഒരു മനുഷ്യന് ഇത്രയു എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതാ പറയുക നിനക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ പോകില്ല ൊരു ആത്മീയ ഗുരുക്കന്മാരും ഒരു ആത്മീയ ഉപദേശത്തിനും ഇഷ്ടമുള്ളത് ചെയ്തോ സ്വാതന്ത്ര്യം പോലെ പ്രവർത്തിച്ചോ ഒന്നൊരു ഉപദേശം കൊടുക്കത്തില്ല എന്താണോ ഒരാൾക്ക് ആവശ്യമുള്ളത് അത് പറഞ്ഞു കൊടുക്കും നിനക്ക് എന്തും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഫ്രീ ബില്ലുണ്ട് ുപ്പകരുമുണ്ട് പക്ഷെ ചെയ്യരുത് ചെയ്താ പകര അങ്ങനെ മനസ്സിലാകാവോ ഇല്ലെങ്കിൽ ആത്മീയ ശാസ്ത്ര അസംബന്ധമായി എന്തും ചെയ്യാനുള്ള ലൈസൻസാണല്ലോ ഇവിടെയും പറയുന്നത് എന്താണ് വാസനോടിനുണ്ട് അത് പറഞ്ഞിട്ടാണ് പറയുന്നത് ഓരോരുത്തരുടെ കൂടെ കള്ളുപിടിക്കാണല്ലോ വാസിന് എന്തും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളുപിടിക്കണം പക്ഷെ അത് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യവും അതംഗീകരിക്കും പക്ഷെ അത് ചെയ്യാൻ പാടില്ല അത് ചെയ്തു കഴിഞ്ഞാൽ ഉപദേശം വന്ന വ്യത്ഥമാണ് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് സിശേന പ്രയത്നയാണ് യശ്വൻ ജീവിക്കുന്നത് സ്വപ്രയത്നം കൊണ്ട് ഏത് കരയിലൂടെയാണോ ഒഴുകുന്നത് ഏത് കരയാണോ സമീപിക്കുന്നത് ഒത്തിരി നികവില്ല ആ കരയിലൂടെ ഒഴുകും രണ്ടു കരയിലും പോയിമുക്കി ഒഴുകാനും പാടില്ല ഒരു കരയ്ക്ക് കൂടെ ഒഴുകിയാണല്ലോ മറുകര ഉണങ്ങിക്കിടന്നോട്ടെ ഭാരത പുഴയെ കണ്ടിട്ടുള്ളൂ ഒരു സൈഡിൽ കൂടെ വരും മഴക്കാലത്ത് മാത്രമേ നിറഞ്ഞു അതുപോലെ ഏരിയ നിപാതികമിച്ച പതിക്ക് ഏത് കരയിലേക്കാണോ നിന്റെ വാസന പതിച്ചിരിക്കുന്നത് അതിലൂടെ അത് ഒഴുകത്തുള്ളു അപ്പൊ പതിപ്പിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ പറയുന്നതാണ് എന്താണ് ദന്തയിൽ ദന്താണ് ചൂർണയിൽ പല്ലുകടിച്ച് വില്പാർ ഉപയോഗിച്ച് ചെയ്യണമെന്ന് അല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ എല്ലാ തരത്തിലുള്ള വാസനകളും പുണ്യപവിത്രാത്മാക്കൾ അങ്ങനെ ആരുമില്ല ഇവിടുത്തെ സിദ്ധാന്തമനുസരിച്ച് പുണ്യപവിത്രമായി ആരുമില്ല എന്തുകൊണ്ടല്ല വേദാന്ത ശാസ്ത്രമനുസരിച്ച് അങ്ങനെ ഒരു മനുഷ്യനേ ഇല്ല എന്തുകൊണ്ടല്ലാതെ അനാദി ജന്മങ്ങളുടെ വാസനകളുടെ ഉള്ളിൽ കിടക്കുകയാണ് മൃഗമായിട്ടുണ്ട് മനുഷ്യനായിട്ടുണ്ട് ദേവനായിട്ടുണ്ട് അതിനൊക്കെ കുറച്ച് ബാക്കി അവിടെ കിടക്കുന്നു അപ്പൊ പിന്നെ ഇങ്ങനെ ഒരാൾക്ക് സ്വയം പുണ്യം പവിത്രണെന്നൊക്കെ പറയാൻ പറ്റും അങ്ങനെ ഒരു മനുഷ്യൻ ജനിക്കത്തില്ല അങ്ങനെ ഒരു പുണ്യ പവിത്രമായ ആത്മാവുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു ജനിക്കത്തില്ല ജനിക്കത്തില്ലോ ആ പുണ്യം ഉപയോഗിച്ചാൽ മോക്ഷം നേടും ജനിക്കേണ്ട ആവശ്യം അപ്പോ അദ്ദേഹ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യനായി ജനിക്കുന്നുണ്ടോ പാപവും പുണ്യവും അങ്ങനെയാണെങ്കിലോ ഏത് വഴിക്കും പോവാം ഏത് പിന്നെ അതിനാരും കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ആരെയും നോക്കിയിട്ട് അവൻ വഴിതെറ്റിപ്പോയല്ലോ എന്ന് പറയരുത് എന്തുകൊണ്ട് ഈ പറയുന്നവനായിരിക്കും നാളെ വഴിതെറ്റിപ്പോകുന്നു അപ്പൊ വെറുതെ എന്തിനാ പാവം കുടിച്ച് തലയൊക്കെ ആരെക്കുറിച്ചും വിധിക്കരുത് അവൻ മോശമാണ് അവൻ വഴിതെറ്റിപ്പോയി നല്ലവൻ ആലയുള്ളവനായ ഈ പറയുന്നവൻ തന്നെ നാളെ വഴിതെറ്റും ഈ വഴിതെറ്റുന്നവരെല്ലാം ഒരിക്കിതുപോലെ വിധിച്ചവരാണ് ആരെങ്കിലും വഴിതെറ്റെന്ന് കണ്ടിട്ടേ അവനെന്താ വഴിതെറ്റിപ്പോയതെന്ന് പറഞ്ഞ് അവനെ വിമർശിച്ചവരാണ് പിന്നെ ഗുരുക്കന്മാര് വഴിതെറ്റരുത് എന്നൊക്കെ ഉപദേശിക്കും പറയും അതൊരു സേഡല്ല ഞാൻ പറയുന്നത് വഴിതെറ്റാൻ സാധ്യതവരെ കുറിച്ചും വഴിതെറ്റുന്നവരെ കുറിച്ചും വഴിതെറ്റുന്നവരെ അപകസിക്കുന്നവരെ കുറിച്ചും കുറ്റം പറയുന്നവരെ കുറിച്ചുമാണ് ഇത് എല്ലാവരും സംഭവിക്കും പിന്നെ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിൽ എന്താണ് അതൊരു മഹാഭാഗ്യം എന്ന് മാത്രം വിചാരിക്കാം അത്രയേ പറയാനുള്ളൂ അപൂർവമായി ആർക്കെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ പൂർവജന്മങ്ങളിലൊക്കെ ഒരുപാട് വഴി തെറ്റി ഈ ജന്മത്തിൽ അധികം വഴി തെറ്റേണ്ടി വന്നില്ല എന്ന് തന്നെയാണ് അതുകൊണ്ടിത് വാസനയെക്കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ ഓർക്കാം എന്ത് ചെയ്യും പുരുഷ യത്ന ജപേന മനോഹരേഷ മഹാനദീ അഹാ പുരുഷയത്നജമേന പുരുഷപ്രയത്നത്തിന്റെ തീവ്രതോ ജപം വേഗതവും മനോവനയും മനസ്സാകുന്ന ഈ മനത്തിന്റെ നേരത്തെ പറഞ്ഞു മനോമോഹവലി മനസ്സാകുന്ന വനത്തിൽ ശുഭതട അനുഗതാണ് ശുഭമായ തീരത്തെ പുണ്യമായ തീരത്തെ ചേർന്ന് അനുകതമായി ക്രമശൂ ക്രമമായി ആ തീരത്തോട് ചേർന്ന് പോകുക അത് തീരത്ത് പോകാൻ ശ്രേഷ്ഠമായ പറ്റിയുള്ളവനെ രാമനെ സംബോധന ചെയ്യാം അപ്പോ കുരു എന്ന് പറഞ്ഞു ആ തീരത്തേക്ക് അടുപ്പിക്കുകയതിന് നിജഭാവ മഹാനദീ നിജഭാവമായിരിക്കുന്ന നിജസ്വരൂപമായിരിക്കുന്ന മഹാനദീ അല്ലെങ്കിൽ നദി എന്ന് പറയുന്നത് ഒഴുക്കനെയാണ് അതിന് ശുഭത്തടാനുഗതം ആ ഒരു പുണ്യമുള്ള ആത്മീകത്തിലേക്ക് മാത്രം ക്രോമമായി അതുകൊണ്ട് കൊടുക്കും അതുകൊണ്ട് മനാഭവ്യർപ്പം പോലെ തന്നെ നീ സംസാരത്തിന് ഒഴുകിപ്പോകത്തില്ല അല്ലെങ്കിൽ സംസാരം നിന്നെ ഒഴുക്കിക്കൊണ്ടുപോകത്തില്ല നിന്റെ വാസനകളെ ആ പുണ്യതീരത്തിലേക്ക് അടുപ്പിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കണം എന്നാ എങ്ങനെ പോയാലും കുഴപ്പമില്ല എന്നല്ല പറയും അടുത്ത് സപ്തദശ ഈ സർഗത്തിൻ്റെ ഈ വാസുഷ്ഠരാമായണ സംഗീത അതിനകത്ത് എന്തൊക്കെ അധ്യായങ്ങളാണ് എത്ര ശ്രോവങ്ങളുണ്ട് ഈ കാര്യം പറയുന്നതുള്ളൂ ഇതിനകത്ത് പേരെ ആത്മീയതത്വം ഇല്ലാതെ ഇല്ല എന്നെനിക്ക് പറയുന്നുള്ളൂ ഞാൻ പ്രധാനമായിട്ടും ഈ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് മൂക്ഷ വിവഹാര പ്രകടനത്തിൽ പതിനേഴാം സ്വർഗത്തിലാണ് ഇതൂടെ കൊണ്ടുവച്ചിരിക്കുന്നത് ആദ്യം വെച്ചെങ്കിൽ എത്രയോ നന്നായി ഒരു ഗ്രന്ഥത്തിന്റെ കെട്ടും മട്ടുമൊക്കെ നമ്മൾ ആദ്യമേ എന്ന് മനസ്സിലാക്കുന്നതാണ് നമുക്ക് നല്ലത് അത് പഠിക്കാം പക്ഷേ ഇത് ഇടയ്ക്ക് കൊണ്ടുവച്ചിരിക്കും പണ്ടത്തെടുത്ത് അഭിനയക്കുണ്ട് എന്നേ പറയാൻ ശ്രീ വസ്തു ദൈവം അന്തർവിവേമോ സമഹാനുഹരാക യോഗ്യോ ഞാൻ ഗരശ രാജ നയവാർ അന്തർവിവേ ഇപ്രകാരം ഉള്ളിൽ വിവേകമുള്ളവനായ സമഹാ ജ്ഞാനഗ്രഹ്യ ഈ ജ്ഞാനം നിറഞ്ഞ വാക്കുകളെ കേൾക്കുന്നതിനുള്ള യോഗ്യനാണ് രാജ നയഭാരതി രാജാവിനെ ആണോ നീതിശാസ്ത്രം നയങ്ങൾ പോളിസി അതിനെക്കുറിച്ച അറിവുകയാണ് അതെങ്ങനെയാണോ അയാൾ മന്ത്രിമാരിൽ നിന്നും മറ്റും കേൾക്കുന്നത് മനസ്സിലാക്കുന്നത് അതുപോലെ പല രാജഭരണ കാലമില്ല എന്നുള്ള എല്ലാവർക്കും രാജ ഉദാഹരണങ്ങൾ ഉള്ളിലേക്കുള്ളവൻ ഈ സംഹിതയെ കേൾക്കണം നയഭാരതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കും നയം എന്ന് വെച്ചാൽ നീതി പോളിസി എന്നൊക്കെ പറയും പോളിസി ഇംഗ്ലീഷ് അവതാതോ അവതാത വിചാരസി മഹായശ് മഹാശ്രി ജഡസസന്തുജിതോ യോഗ്യ ശരീരോ യഥാ ഓരോന്ന് പറയുമ്പോഴും ഓരോ വർണ്ണനയും കൂടെ കൊടുക്കും ശുദ്ധിച്ച ശുചാദ വിചാര ശുദ്ധമായ വിചാരത്തിന് അവതാത മഹാശയ ജടസന്ധ ഉജ്ജിത യോഗ്യ അവതാതെ വിചാരസാണ് ശുദ്ധമായ വിചാരം ഇനി വരാൻ പോകുന്നതിന് അവതാര ശുദ്ധനായ മഹാശയവലി മനസ്സുമാണ് ജഡസംഘിത ജഡസംഘ മൂർഖന്മാരുമായിട്ടുള്ള സമ്പർക്കം വിട്ടവ അവനാണ് ദുർജനാസം സംഘം വരാതിരിക്കുന്നവരെ ആ ഒരുപാടുണ്ടാവും ദുർജനം എന്ന് പറഞ്ഞാൽ നേരെ പോകുന്ന ഡിസിൽ നിന്ന് പോകുന്ന സ്വന്തം മനസ്സിനെ വഴിതെറ്റിക്കുന്നവരേടൂടെ ദുർജനം എന്ന് പറയുന്നത് ഇവരുടെ സമ്പർക്കം കൊണ്ട് നമുക്ക് ഡിസിപ്ലിൻ ഇതാതെ ജീവിക്കാവുന്ന അവരുടെ സമ്പർക്കമുണ്ട് അതുപോലെ അവർ ജഡസംഘം മൂർഖന്മാരുമായിട്ടുള്ള ബന്ധം അതും കുജ്ജന്ധം ഉപേക്ഷിച്ചവരാണ് യോഗ്യൻ നമ ശരോഹോ യഥാർത്ഥം എങ്ങനെയാണോ ശരക്കാലത്ത് ആകാശം നല്ല തെളിഞ്ഞിരിക്കും അതുപോലെ അവരുടെ മനസ്സ് അവതാഹമായിരിക്കും തെളിഞ്ഞിരിക്കും ശുദ്ധമായി ത്വം ഏതയാ അഖണ്ഡിതയാ ഗുണലക്ഷ്മിയ സമാശ്രത മനോഹകരം വാക്യം പക്ഷ്യമാണ് വിദേശം അത് നേരത്തെ പറഞ്ഞാണ് എന്നാലും ശ്രദ്ധിക്കുകയാണ് എന്തിനു ശ്രദ്ധിക്കുന്ന ശ്രോതാവിനൊരു വിധിയെ ഉണ്ടാക്കിയതെല്ലാം ത്വം ഏതയ അഖണ്ഡിതയാശ്ലേഷൻ നീ അഖണ്ഡിതമായ ഗുണലക്ഷ്മിയ ഗുണൈശ്വര്യത്തെ കൊണ്ട് ആശ്രയിച്ചിട്ട് സമാശ്രിത അവനെ ആശ്രയിക്കുന്നവനായി തോന്നും ആശ്രകത്വം മനോമോഹരം മനസ്സിൻ്റെ എല്ലാ മോഹങ്ങളെയും നശിപ്പിക്കുന്നതായ പക്ഷ്യമാണ് ഇതം വാക്യ ശ്രീ അഖണ്ഡിതമായ നിജപൂർണ്ണതയുള്ളതായ ഗുണലക്ഷ്മി ഗുണമാകുന്ന ഐശ്വര്യത്തെ ഏതയ ആശ്രയിച്ചവനായ തൊണ്ണീ മനസ്സിന്റെ മോഹത്തെ ഹനിക്കുന്നതായ എനിപ്പരാമോ എന്ന വാക്യങ്ങളെല്ലാം ശ്രമിക്കൂ പുണ്യകർഭദ്രുമോയസ്യ ഫലഭാരനന്ദസ്ഥിതെ ഇക്കാര്യത്തിൽ എന്തോ പസീലം ചെയ്യുന്നു പുണ്യകൽപത്തിനുമാണ് ഫലഭാര ആനന്ദ സ്ഥിത പുണ്യമുള്ള ഒരു കൽപ്പപക്ഷം അത് ഫലഭാരം കൊണ്ട് അതിന്റെ കൊമ്പുകളെല്ലാം വളഞ്ഞിരിക്കും അങ്ങനെയുള്ള രാമതൻ പുണ്യ പുണ്യം നിറഞ്ഞ കൽപ്പപക്ഷമാണ് രാമന്റെ കൊമ്പുകളെല്ലാം ഫലഭാരം കൊണ്ട് എന്നുവെച്ചാൽ വിനയം പോലെയുള്ള സദ്ഗുണങ്ങളൊക്കെ വന്ന് സുഖരങ്ങളെല്ലാം ഉറങ്ങി വിവേകവും വൈരാഗ്യം നേരെ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഇതും സ്വോമുദ്യമ ഈ ഇത് കേൾക്കുന്നുള്ള പരിശ്രമം ജന്തോഹോ സസ്യജന്തുവോ അങ്ങനെയുള്ള ഒരു ജീവന് മുക്തയെ മുക്തിക്ക് ഉപകരിക്കും നീ എന്തായാലും ഇത് കേൾക്കാനായി തയ്യാറായി നിന്റെ മുക്തിക്ക് ഇതുപരിക്കും കാരണം ഇതൊക്കെ സിമ്പിളാണ് ധാരാളം പരബോധികത പാവനാന പാവനമായ ഉദാരണ വിശാലമായ പരമേകം പരത്തെ അന്യന്റെ ബോധത്തെ മാത്രം കൊടുക്കുന്നതായ വചസാം ഞാൻ പറയുന്ന യുവാക്കുകളെല്ലാം ഭവ്യ ഭാര്യ ഭവ്യനായ യോഗ്യനായ അധികാരി ഭവിക്കും അത് ഐശ്വര്യത്തിൽ പ്രതികരിക്കുന്നു ആഗമനിരുന്നുകൊണ്ട് പോകുന്നു അധികാരികൾ ഭവ്യനിധിച്ച യോഗ്യനെന്ന് യോഗ്യനുകൾ യോഗ്യൻശ്വര്യത്തിനുള്ളോ ത്രീ സഹസ്രമാണതായ മോക്ഷോപായ അഭിദാനം നിറഞ്ഞ മുപ്പത്തിരണ്ടായിരം ശ്ലോകങ്ങളുള്ള മൊത്തം ആത്മീക രാമായണത്തെക്കാളും മരുന്നാണ് ഞാൻ നിർവാണതായി നിർവാണത്തെ ാണ് അതായത് ഈ ഗ്രന്ഥം എഴുതിയ ആള് ബോധപൂർവം ഈ വർണ്ണനങ്ങളെല്ലാം ചേർത്ത് ചേർത്ത് ചേർത്ത് രാമായണത്തെക്കാളും വലിയൊരു സംഭവമാകണമെങ്കിൽ ശ്ലോകസംഖ്യുണ്ടെന്ന് ബോധപൂർവം വിചാരിച്ച് എഴുതിയാണ് രാമായണത്തെക്കാളും രാമായണത്തെക്കാളും വിചാരിതാവുമെന്ന് പറയുന്നത് ആ കഴിക്കു ഇതിന് ഇവിടെ തന്നെ ആയിരുന്നു ആദ്യമുള്ളതെങ്ങാനും പിന്നീട് പണ്ടതൊക്കെ എഴുതി വെക്കുന്നേ മാറിപ്പോയതാണ് പേജുകളൊക്കെ അങ്ങോട്ടോട്ടും അറിയും അറിയാൻ പറ്റും ലിപികന്മാർ എഴുതി തന്ന വേറെ ജോലിക്കാരാണ് ഏ ആ അങ്ങനെ എന്തായാലും എഴുതി തൊടുന്നതല്ലേ പറയാൻ പറ്റും എളുപ്പത്തിലുണ്ടായിരുന്നു ഇനി മുപ്പത്തിരണ്ടായിരം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒന്നും നോക്കിയിട്ട് നീ പറയുന്നേ പിന്നെ നേരം എവിടെയായിരുന്നു കേട്ട് മുപ്പത്തിരണ്ടായിരം ഇരുപത്തെണ്ണായിരം ഉള്ളൂ അങ്ങനെയും കേട്ടു ശരിയാണോ തെറ്റാണോ ഒന്നും അറിയാം എന്തായാലും എണ്ണാണെന്ന് ഇനിയിപ്പം മെനക്കിടുന്നില്ല സമയം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരുന്ന് എണ്ണിയോ ൻ ഉണർന്നിരിക്കുന്ന കത്തിച്ചുവളക്ക് എങ്ങനെയാണോ അവനിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെ കാണുമെന്നാണ് പറയുന്നത് അനിച്ചതും അവൻ ആഗ്രഹിച്ചിരിക്കുന്ന ശരി കണ്ടേ പറ്റും കണ്ണു തുറന്നിരിക്കുകയാണോ മുമ്പില് പഠിച്ചുകൊണ്ടേ കണ്ടല്ലേ പറ്റും അതുകൊണ്ട് ഇത് ആഗ്രഹിക്കുന്ന തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ മോക്ഷം ഉറപ്പാണ് അവൻ ആഗ്രഹിക്കാനോ ആഗ്രഹിച്ചത് അടുത്ത പറയും മതി കേട്ടാലു സ്വയംതാവാ സൗഖ്യത അപ്രേക്ഷവർദ്ധന സത്യൂര്യത സ്വർഗത രംഗിണി സ്വയം ജാതാ ശുതാവാ ഒരാൾക്കത് സ്വയം വായിച്ചത് മനസ്സിലാക്കാം അല്ലെങ്കിൽ ശുദ്ധവാ ഒരു സത്സംഗത്ത് പണ്ഡിതന്മാരെങ്കിലും ആരെങ്കിലും വിശദീകരിക്കുന്നത് കേൾക്കാം രണ്ടായ ശേഷി ഭ്രാന്തി ഭ്രാന്തി ശാന്തി ഭ്രാന്തിയെ ശമിപ്പിക്കുന്നതിലൂടെ മുഖ്യമായ മോക്ഷത്തെ നൽകുന്ന സ്വയം വായിച്ചാലും മതി സംസ്കൃതം അറിയാമല്ലോ ട്രാൻസ്ലേഷൻ വായിച്ചാലും മതി ആരെങ്കിലും പറയുന്ന കേട്ടാലും മതി ഭ്രാന്തി ശാന്തിയെ ഭ്രാന്തി ശാന്തിയിലൂടെ മുഖ്യമായ മോക്ഷത്തെ കൊടുക്കുന്നു ഏതുപോലെ ആപ്രേക്ഷ്യ വർണ്ണിത സത്യതരംഗിണി സ്വർഗതരംഗിണി ഗംഗെ കുറിച്ച് ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന കേട്ടാനും മതി അല്ല നേരിട്ട് കണ്ടാലും മതി രണ്ടായാലും മോശം ആ പ്രേക്ഷ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇത് വർഗിതാണ് ഗംഗാതരംഗ മഹനീ ജടാ കലാപ കേട്ടു ഇത് കേട്ടാൽ മതി മോശമുണ്ട് മനസ്സെത്തി അപ്രക്ഷ്യവും അധികം സത്യ കാലതാമസം കേട്ടോ ഉടൻ മനുഷ്യ സദ്യവും മരണശേഷമാണ് ജീവിച്ചിരിക്കുന്നത് സദ്യവും ദേഹം പോകുന്ന കാര്യം ഗംഗപോയ മനസ്സിലാക്കിയത് യഥാവിദ്യ അഭിഭ്രാന്തം വിനസ്യസ്യവലോകന അതുപോലെ കൊണ്ട് രജന സർപ്പം തന്നെ തുടക്കം വെച്ചിരിക്കുകയാണ് തഥാ ഏകാശാന്തി കണ്ടാൽ മതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കേട്ടാൽ മതി എങ്ങനെങ്ങനെ ആശയം കൊണ്ടു വന്നോ കണ്ടോ വായിച്ചോ രക്ഷണാശാന്തി വേദി സംസാര ദുഃഖത്തിന്റെ ശാന്തി സംസാരദുഃഖി എന്നുള്ള ഭാവം സംസാര ആ സംസാര ദുഃഖഭാവം ശാന്തി യുക്തിയുക്താർത്ഥവാക്യാനി കിതാനിപ്രതപ്രത ദൃഷ്ടാന്ത സാരസുക്താനി രാസ്യം പ്രകരണാനിഷ എന്നു പറമ്പോട് ഓർത്തോളം മറന്നുപോയത് യുക്തിയുക്തമായ അർത്ഥത്തോടും വാക്യങ്ങളോടും കൂടിയതാണ് കൽപ്പിതായി വെള്ളം കൽപ്പിച്ചിരിക്കുന്നു ചിരിക്കുന്നു നല്ല പൃഥക് പൃഥക് വേറെ വേറെ ആറ് പ്രകടനങ്ങളായിട്ട് ദൃഷ്ടാന്തം സാരശിക്ഷണ ദൃഷ്ടാന്തങ്ങളോടുകൂടി സാര അർത്ഥത്തോടുകൂടി ദൃഷ്ടാന്തവും സാരമുള്ള സൂക്തികൾ സൂക്തങ്ങൾ നല്ല നല്ല വരികൾ ചം പ്രകരണാനി ശിക്ഷ അങ്ങനെയുള്ള ഇതൽ ആറ് പ്രകടനങ്ങളുണ്ട് വൈരാഗ്യാ പ്രകടനം പ്രഥമീർത്തിൽ വിരാഗവർ മനോ വൈരാഗ്യ എന്ന് പറയുന്ന പ്രകടനമാണ് ഒന്നാമത്തത് പ്രഥമം പരിവർത്തിതം എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് വിരാഗവർ ഈ ഒന്നാമത്തെ പ്രകടനം കേട്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും വൈരാഗ്യമുണ്ടാവും വർദ്ധിക്കും ഏനസേചയിലെയവർ തരും മരുഭൂമിയിലെങ്ങനെയാണോ വൃക്ഷങ്ങൾ ജലസേചനം കൊണ്ട് വർദ്ധിക്കുന്നത് വളരുന്ന അതുപോലെ വൈരാഗ്യപ്രകടനം കേട്ടുകഴിഞ്ഞാൽ അല്ലാതെയും വൈരാഗ്യം വർദ്ധിക്കുകയും നമ്മൾ വൈരാഗ്യപ്രകടനം കഴിഞ്ഞു നിങ്ങൾ അറിഞ്ഞോ എന്നറിയത്തില്ല പക്ഷെ അത് നമ്മൾ കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവരുടെയും വൈരാഗ്യം വർധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് ഇനി നേരത്തെ തന്നെ വർദ്ധിച്ചവരാഗ് വർദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കും എന്നേ വർദ്ധിച്ചിരിക്കും അല്ലെങ്കിൽ നേരത്തെ തന്നെ വർദ്ധിച്ചവരാഗ്യമുള്ളവരാൾ വർദ്ധിച്ച് ഒന്ന് സംഭവിച്ചു സാധം സഹസ്രം ഗ്രന്ഥസ് യസ്മിന് ഹൃദയ അടുത്തതിനെ കുറിച്ച് പറയാം സാർദ്ധം സഹസ്രം ഗ്രന്ഥിപ്പം ആദ്യത്തെ പ്രകരണം എന്താണ് വൈരാഗ്യപ്രകരണമാണ് അതിന് എത്ര സാർദ്ധം സഹസ്രം ആയിരത്തി സാർദ്ധം സഹസ്രം ഗ്രന്ഥസ്യ ശ്ലോകങ്ങളുണ്ട് യസ്മിനുഹൃതി വിചാരിതേ മനസ്സെനിക്ക് മനസ്സിനൊന്ന് വിചാരം ചെയ്തു കഴിഞ്ഞാൽ പ്രകാശ ശുദ്ധത അതിന്റെ പ്രകാശം കൊണ്ട് ശുദ്ധത ഉള്ളിൽ മനസ്സിന് ശുദ്ധത പ്രകടമാകുന്നു മണം ഇവ സ്വമാക്കിയതേ മണി സ്വയം കഴിഞ്ഞാൽ മണിത മാർജനം ചെയ്തു കൂടുതൽ ശുദ്ധത വരും അതുപോലെ തന്നെ കൂടുതൽ ശുദ്ധത വരും ഈ ശ്ലോകങ്ങളും കേട്ടു ആദ്യത്തെ വൈരാഗ്യപ്രകടനമാണ് ആദ്യത്തത് അതായിരത്തിഅഞ്ഞൂറ് ശ്ലോകങ്ങളുണ്ട് മൂക്ഷു വിഹാരാഖ്യം കഥപ്രകടന ഗ്രന്ഥം സഹസ്രമാത്രം ഗ്രന്ഥ യുക്തിഗ്രന്ഥേയില സുന്ദരം ഇനി മോക്ഷ വിഭാഗം ഇത് പ്രകടനമാണ് അത് സഹസ്രമാത്രം അതിനായിരമേ സോ വ്യക്തിഗ്രന്ഥേര സുന്ദരം വ്യക്തികൾ ഗ്രന്ഥിച്ചിരിക്കുന്നവണ് യുക്തികൾ ഇതിന് ധാരാളം ഉപയോഗിച്ചത് വളരെ സുന്ദരമാണ് അതാണിപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വഭാവമിമു ചൂടം എന്നൊരാണിത്ര പറഞ്ഞതേ മൂക്ഷൂണാം സ്വഭാവം മൂഷുകളുടെ സ്വഭാവത്തെ വെച്ച് മൂക്ഷൂണാം സ്വഭാവം എത്ര വർഗീതം എവിടെയാണ് വർണ്ണിക്കുന്നത് അത് ഉപ്പത്തിൽ മൂന്നാമത്തെ ഒന്ന് വൈരാഗ്യം രണ്ടാമത്തത് മോക്ഷു പ്രകാരം മൂന്നാമത്തെ ഉത്പത്തി പ്രകടനം ദൃഷ്ടാന്തം അധ്യായകം ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഒരുപാട് കഥകളും ഉണ്ട് ഇത് കുറച്ച് വലുതാണ് സപ്തഗ്രന്ഥസഹസ്രാളി വിജ്ഞാനപ്രതിപാദകം ജാഗരീ ദൃഷ്ട ദൃശ്യ ശ്രീ അഹംത്വം ഇതിനുപടി ഇതിനകത്ത് കുറച്ച് തത്വങ്ങളൊക്കെ വന്നു സപ്തഗ്രന്ഥസഹസ്ര ഏഴായിരം ശ്ലോകങ്ങളിൽ വലുതാണ് വിജ്ഞാനപ്രതിപാദി ശരിക്കും ജ്ഞാനമാണ് പറയും വൈരാഗ്യ വക്ഷൻ തന്നെയാണ് ജാഗതൃശ്യശ്രീ ജഗത്തിനെ സംബന്ധിച്ചുള്ള ദൃഷ്ടദൃശ്യ വിഭൂതി ശ്രീ അതായത് ഇവിടെ വാസുദഗത്തിന രണ്ടായിട്ടേ കാണുന്നു ഒന്ന് ദൃക് മറ്റൊന്ന് ദൃശ്യം ഇതാണ് ജമ ഈ ദൃപ് ദൃശ്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസൂത്രത്തിൽ തുടങ്ങിയതുമായി ദൃപ്തി പ്രത്യേക വിഷയം മറ്റത് വിഷ്മ വിഷയം അതാണ് അഹമ്മദ് തൊമീദേ ദൃശ്യമായും അതിൽ ദൃഷ്ടാവതൃക്കായിരിക്കുന്നു ദൃശ്യം പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ഒക്കെ ആഗ്രഹിക്കുന്ന ദൃശ്യം പ്രപഞ്ചമായിരിക്കുന്നു ഇതേ സാധാരണ ഭാഷ പറയുന്നത് ആ ദൃക് അതിന് സാധാരണ ഭാഷ ലൗകിക ഭാഷ പറഞ്ഞ അഹം ദൃശ്യത്തെ ലൗകിക ഭാഷ പറഞ്ഞത്വം അല്ലെങ്കിൽ ഇതം അപ്പോൾ പ്രപഞ്ചം ഇത്രയേ ഉള്ളൂ ഇത് പറയുന്നത് എന് വേണ്ടിയിട്ടാണ് പറയുന്നത് പ്രപഞ്ചം വ്യക്തിയാണ് അദ്വൈതമാണ് സത്യം അത് പറയാൻ വേണ്ടിയിട്ടുള്ളത് പ്രപഞ്ചത്തെങ്ങനെ രണ്ടായിട്ടും ഇത് നമ്മൾ അദ്വൈതത്തിൽ പോലെ അനുപന്നയോ ബുദ്ധിദേവ േ ജഗതി അന്തർ അഖിലും നിതിന്റെ സവിശേഷത്തെ കുറിച്ച് പറയണം എത്ര അനുപന്നായിവ ഉവ ദ്രഷ്ടാവിൽ എന്താണ് പല ബ്രഹ്മത്തിലും ഇതിനകത്ത് എങ്ങനെ ഇരിക്കുന്നു അനുപന്നം പോലെ ഉത്പന്നമാകാത്തതുപോലെ ബുദ്ധിതായി വൈന ഉത്പന്നമായതുപോലെ രണ്ടു രീതിയിൽ ഉത്പന്നമായതുപോലെ എന്നൊന്നുകൊണ്ട് പറഞ്ഞു സ്വപ്നം പോലെ സ്വപ്നം നോക്കു തോന്നുന്നു അവിടെ എല്ലാം ഉണ്ട് എല്ലാം അവിടെ സൃഷ്ടിച്ച കാര്യങ്ങളാണ് ആനയും കുതിര ഉത്പന്നമായ പിന്നെ അത് ശരിക്കും എങ്ങനെയാണ് അനുപന്നം ഉത്പന്നമാകാത്തതുപോലെയാണ് എന്തുകൊണ്ടത് ഉത്പന്നം ആകാത്തതുപോലെയെന്ന് പറയുന്നു സ്വപ്ന ഉത്പന്നമാകാത്തതുപോലെ എന്തുകൊണ്ട് പറയുന്നു ഇത്രയും കാലം അദ്വൈതം എന്തുകൊണ്ടാണ് കേട്ടില്ല കേട്ടില്ല ആ ജാഗ്രതയിലും അതൊക്കെ ഒന്ന് ബോധിക്കുന്നു അവിടെ അവ്യവസ്ഥിതമാണ് അവിടെ കാര്യകരണ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല പ്രപഞ്ചത്തിന്റെ യാതൊരു നിയമവും അവിടെയില്ല അതുകൊണ്ടാണ് അത് ഉത്പന്നമാകാത്തത് പലത്തും അതാണ് ഉത്പന്നമായ ജാഗ്രത കാണും അതിനൊരു നിശ്ചിതത്വം കൊണ്ട് അവിടെ അനിശ്ചിതമാണ് ശരീരം ഉൾപ്പെടെ അതുകൊണ്ട് സ്വപ്നം എന്ന് പറയുമ്പോൾ അതൊക്കെ ജാകൃത്യം ചേർന്ന് എന്ത് കാര്യം പറയാൻ ബാധിച്ചു പോകും അത്പന്നമായതുപോലെ എന്നാൽ ഉണ്ടായതുപോലെ പിന്നെ ഉണ്ടായതുപോലെ സ്വപ്നം വളരെ വിചിത്രമത മായാമയമാണ് അപ്പോ അനുപന്നിതായത് ഈ ഗ്രന്ഥത്തിൽ എന്നുള്ള അർത്ഥം കൊടുക്കാം അങ്ങനെയാണ് ഈ ഗ്രന്ഥത്തിൽ ഇതിനെ വർണ്ണിക്കുന്നത് അങ്ങനെയാണ് ആത്മാവിനെ കാണപ്പെടുന്നത് ആത്മാവിലാണ് കാണപ്പെടുന്നത് അപ്പൊ അത് മനസ്സിലാക്കാം ഗ്രന്ഥത്തിൽ അത് വർണ്ണിക്കുന്നത് സപ്തഗ്രന്ഥ സഹസ്രം ഉത്പത്തി പ്രകടനം വരാൻ പോകുന്നതാണ് യസ്മിൻ ശ്രുതയെ ഈ തത്വം കേട്ടുകഴിഞ്ഞാൽ അഖിലം ജഗ സമ്പൂർണ്ണ ജഗത്തും സ്രോത അന്തർബുദ്ധി എല്ലാം നമ്മുടെ ഉള്ളിലാണ് എന്ന് ശരിക്കും ബോധിക്കും ശരിക്കും ഏർ ഈ അദ്വൈതം ശരിക്കും മനസ്സ് മനസ്സെത്തി അദ്വൈതം കേൾക്കുകയും അദ്വൈതത്തെ കുറിച്ച് വിചാരം ചെയ്യുകയും നിങ്ങൾക്ക് ഉറപ്പായിട്ടും തോന്നും ഈ ലോകം മുഴുവൻ്റെ ഞാൻ ലോകത്തെ മുഴുവൻ്റെ ഉള്ളിൽ മനസ്സുകൾ കാണുകയാണ് തോന്നാറുകയും ആർക്കും തോന്നിട്ടുണ്ട് കേട്ടിട്ട് തോന്നിയില്ലെങ്കിൽ വിചാരം ചെയ്തോ ഇതൊരു സത്യമാണ് ഈ പറയത്തെ ഇങ്ങനെ വിചാരം ചെയ്തു കഴിഞ്ഞാൽ അതിന് ശങ്കരായരുടെ അദ്വൈതം തന്നെ വേണമെന്നുണ്ടോ പാശ്ചാത്യ സമയം ജാതി ചെയ്യുന്നവരും ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് കാൻറ്റീൻ അവസ്ഥ ഇതൊരു ഫിനോമിനയാണ് യഥാർത്ഥത്തിലുള്ള പ്രപഞ്ചം എന്ന് പറയുന്നത് നോമിന ആണ് ഇത് കാണുന്ന സത്യമല്ല ഒരു പ്രദീപ് എന്ന് അദ്വൈതി പറയുന്ന പോലെ തന്നെ പറയുന്ന പലരുണ്ട് ബർക്കിലി പുള്ളിയും പറയുന്ന എന്താണ് അത് മനസ്സിന്റെ ഒരു മനസ്സ് സൃഷ്ടിച്ചതാണെങ്കിലും അല്ല ഇത് ശങ്കരാചാര്യ മാത്രമല്ല പറയു ഇതൊക്കെ വിചാരിൽ ഇത് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ കാണുന്നത് ഇവിടെ പറഞ്ഞത് എന്താണ് എന്റെ ഉള്ളിൽ പ്രപഞ്ചം ഉള്ളിലാണ് തോന്നുന്നത് അതായത് ഈ പുസ്തകം ഇപ്പം പുറത്തിരിക്കുന്നു ഈ പുസ്തകം എന്റെ ഉള്ളിലാണെന്ന് തോന്നുന്നത് അദ്വൈതം കേൾക്കുന്നവർക്ക് വിചാരം ചെയ്യുന്നവർക്ക് അദ്വൈതം കേട്ട് വിചാരം ചെയ്ത് ധ്യാനിക്കുന്നവർക്ക് പിന്നെ സത്സംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാർക്ക് ാണ് അപ്പോ ഈ അനുഭവം സത്യമായ ഒരു അനുഭവമാണ് എങ്ങനെ എന്ത് സത്യം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും പണ്ടും പറയുന്നത് എന്തും പറയും അങ്ങനെ ആയാലും പറയും പക്ഷെ ന്യൂറോ സയൻസ് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു വിശദീകരണംൂറോ സയൻസ് സൈക്കോളജിയിൽ തരുന്നുണ്ട് അതായത് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് വളിച്ചമായിട്ടുള്ളോട്ടെ ശബ്ദമായി കൊള്ളോട്ടെ സ്പർശമായി കൊള്ളോട്ടെ എന്തായാലും ചെയ്യുന്നത് പുറമേ കാണുന്ന വസ്തുവിനെ നമ്മൾ യഥാർത്ഥമായി കാണുകയല്ലേ പുറമേ കാണുന്ന വസ്തുവിന്റെ ഒരു മോഡൽ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുക അത് സൃഷ്ടിക്കുന്ന ഒരു മോഡലിന്റെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി നമ്മളെ കാണിച്ചു തരിക നൂറ് ശതമാനം ഇപ്പു പുറമേ ഇരിക്കുന്ന ആ ഒന്നിനും നമുക്ക് അതുപോലെ കാണാൻ പറ്റും ബ്രെയിൻ സൃഷ്ടിക്കുന്ന അങ്ങനെ സൃഷ്ടിക്കുന്നതുകൊണ്ട് അപ്പോൾ അത് യഥാർത്ഥം ഉള്ളല്ലോ അങ്ങനെ സൃഷ്ടിക്കുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ നമ്മുടെ ഉള്ളിൽ കാണുന്നതാണെന്ന് ചിന്തിച്ചാൽ അതൊരു വാസ്തവാണ് വ്യർത്ഥമാണ് അങ്ങനെയാണ് നമ്മളെ സംഭവിക്കുന്നത് അപ്പൊ ഈ പ്രപഞ്ചം ഉള്ളിൽ അനുഭവപ്പെടുന്നു എന്നാണ് വിളിക്കുന്നത് അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നാണ് പക്ഷെ ഒരു കാര്യം അതി ഒന്നുകൂടെ കൂടി ചേർന്നാണോ എന്താണ് അതുകൊണ്ട് നമ്മളീ കാണുന്ന ബാഹ്യമായിരിക്കുന്ന പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുന്നത് അതങ്ങരിക്കില്ല നൂറ് കാരണം പുറമേ ഒന്നുണ്ടായാലേ ഇത് സൃഷ്ടിക്കാൻ പറ്റും ഒബ്സെർവർ ഇൻഡിപെൻഡന്റ് ആയിട്ടത് റിയാരിച്ചു കൊണ്ട് അത് അതിൽ കാഴ്ചക്കാരനെ ആശ്രയിക്കാതെ നിൽക്കുന്നവരും ബാഹ്യമായ റിയാരിച്ചു അതുള്ളതുകൊണ്ട് അതിനെ ആശ്രയിച്ചിട്ട് ആണ് റെയിൽ മോഡലുകൾ സൃഷ്ടിക്കുന്നത് ശബ്ദം മോഡലുകൾ ചെയ്താണ് നമ്മുടെ ശബ്ദം എന്നുള്ള അനുഭവം വെളിച്ചം എന്നുള്ള അനുഭവം നിസ്പർശം എന്നുള്ള അനുഭവം ഇതാണ് അപ്പൊ ഇത് ഉള്ളിൽ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് എന്റെ ഉള്ളിലാണ് ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ അസത്യമാണ് ശങ്കരായര് പറഞ്ഞാലും ശരി വിമാനക്കാരിൽ പറഞ്ഞാലും ശരി ദർപ്പില് പറഞ്ഞാലും ശരി അനുഭവത്തിന് സത്യമാണ് പക്ഷെ അതുകൊണ്ട് ഭാഗ്യമായിരിക്കുന്ന പ്രപഞ്ചം നിത്യ കാരണം അങ്ങനെ ഒരു റിയാലിറ്റി പുറമെ ഉണ്ടെങ്കിലേ നമ്മുടെ ബ്രെയിൻ സൃഷ്ടിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഒന്നും ഒന്നിനെ ആശ്രയിക്കാതെ സൃഷ്ടിക്കാൻ പറ്റും അതുകൊണ്ട് ഈ പറയുന്നത് ഭാഗികമായി സത്യമാണ് ഭാഗികമായി ഇനി കുറച്ചുള്ള കൂട്ടിച്ചേർത്താണ് പുറമേ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എന്നോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ ഈ സസംഗമൊക്കെ ഇങ്ങനെയൊക്കെ ഇപ്പോ ആൾക്കാർക്ക് ഇത് കേൾക്കുന്നതിന് ഒരു വലിയ സുഖം തോന്നാറ് അസത്യമാണ് അതൊരു സുഖം തോന്നുന്നതുകൊണ്ടാണ് ഇങ്ങനെ കേട്ട് കേട്ട് കേട്ട് വരുമ്പോൾ ഇത് അസത്യമാണെന്നുണ്ടി തോന്നും സത്യമല്ല സ്ഥായിയായി നിക്കത്തില്ല കുറെ സിനിമകൾ തോന്നും വീണ്ടും നമ്മുടെ ദൈനംദിന വ്യവഹാരത്തിലേക്ക് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അതങ്ങോട്ട് പോകും അത് സംഭവം പക്ഷെ ഇതാക്കുന്ന പലരും പറയുന്നു എനിക്കത് ഇതായിട്ട് തോന്നുന്നു അപ്പൊ അത് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും ഉണ്ടാകാം പക്ഷെ അതുകൊണ്ട് ബാഹ്യമായ റിയാലിറ്റി ഇല്ലാത്ത ആണെന്ന് തോന്നാതിന്റെ ഐഡിയലിസം തോന്നും അങ്ങനെ സയൻസ് അംഗീകരിക്കുകയാണ് ന്യൂഡോ സയൻസ് അംഗീകരിക്കുന്നു ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അവരിതിനോട് യോജിക്കുന്നു അപ്പൊ പലരും ഇങ്ങനെ പറയാനുണ്ടെങ്കിൽ അവർ സ്വപ്നം പോലെ കാണുന്നതെന്ന് ചെല്ലു തുടങ്ങി ലോകം മണ്ടി മണ്ടൂക്കിയൊക്കെ ചെല്ലു മാണ്ഡുക്യത്തിന്റെ ക്ലാസ്സിലൊക്കെ ആയിട്ട് ചെല്ലെന്നോട് പറഞ്ഞിട്ട് എല്ലാം സ്വപ്നം പോലെ തുടങ്ങിയ നല്ല കാര്യം എനിക്കും തോന്നിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഗുണമുണ്ട് അങ്ങനെ സ്വപ്നം പോലെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു അനായാസ്ഥതയും ഒരു സുഖവും അതൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്ന വാസമാണ് ഗുണമില്ലാത്ത കാര്യമല്ല പക്ഷെ അത് അതിനോടല്ലാൻ ശ്രീകരിക്കുന്നുണ്ട് പക്ഷെ അത് വെച്ച് കൊണ്ട് പ്രപഞ്ചം അസത്യമാണ് തീരുമാനിക്കുന്നത് ബാഹ്യമായ ഒരു അസ്തിത്വത്തെ ആശ്രയിച്ചാണ് ഇതൊക്കെ സംഭവിക്കുന്നു പക്ഷേ ഭാഗ്യമായ അസ്തിത്വം എന്ന് പറയുന്നതെങ്കിലും പെർമനന്റായ ഒരു അസ്തിത്വം എറ്റേണലായ ഒരു അസ്തിത്വമല്ല അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് പറഞ്ഞൊരു അസ്തിത്വം ഉണ്ടെന്നാണ് സയൻസ് മനസ്സിലാക്കുക അത് അവസാനത്തെ അറിവല്ല പൂർണമായ അറിവല്ല ഏ സിനിമയും ഭേദഗതി പക്ഷെ ഈ അനുഭവം ശരിയാണ് ഇവിടെ ഈ പറയുന്നു ഈ പറഞ്ഞ വസിഷ്ഠനും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടാണ് പറയുന്നത് പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഈ വിചാരങ്ങളിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു ഒരു ഈ പറയുന്നത് ഇത് ഒരു വ്യക്തിയാണ് ആ വ്യക്തി സൃഷ്ടിച്ച രണ്ട് കഥാപാത്രങ്ങളാണ് വസിഷ്ഠൻ്റെ ആണ് അങ്ങനെ രണ്ട് വ്യക്തിയുടെ നമ്മളുടെ സംഭാഷണമൊന്നും അല്ല കഥയിൽ നിന്നും നമ്മള് കഥയെ യാഥാർത്ഥ്യമായി തെറ്റിദ്ധരിക്കരുത് കഥയെപ്പോഴും കഥയായിട്ട് ഉള്ളതാണ് അദ്വൈതത്തില് നല്ല വിചാരം ചെയ്യുന്ന ആചാര്യനാണ് എഴുതിയത് അപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ എല്ലാ തരത്തിലുള്ളിൽ കാണുന്നു എന്നുള്ള ഒരു അനുഭവം ഇദ്ദേഹത്തിൽ തീർച്ചയായും ഉണ്ടായിരിക്കണം പക്ഷെ അമ്മ ന്യൂറോ സയൻസ് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം വിചാരിച്ച് പ്രപഞ്ചമെന്താണോ മിഥ്യണെന്ന് വിചാരിച്ചു ഇത്രയുള്ള വ്യത്യാസം അതുകൊണ്ട് അനുഭവത്തെ നിഷേധിക്കുന്നില്ല അങ്ങനെ അനുഭവം ഉണ്ടാകും അത് ഭ്രാന്തിയല്ല അതോടെ പറയുന്നുള്ളൂ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ബ്രെയിൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു അനുഭവമാണ് അതുകൊണ്ട് ഭ്രാന്തി ഇല്ലാത്തൊരു അനുഭവം തന്നെയാണ് ലോകം ഉള്ളിൽ തന്നെ കാണും സ്വപ്നം പോലെ കാണും അദ്വൈതമൊക്കെ കേൾക്കുന്നവര് നിങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുന്നവര് താല്പര്യവും ഇതിലെങ്ങനെ ഉറച്ചിരിക്കുന്നതിന് ഒരു കാരണം ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ് അതാണ് കാരണം അപ്പോൾ അവരുടെ അനുഭവത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അവരെ സ്വയം കാണുക സ്വപ്നം പോലെ ലോകത്തെ കാണുന്നങ്ങനെ കാണും പോലെ ഒരു അനുഭവം ഉണ്ടാവും പക്ഷെ അവര് അന്ന് ആ അനുഭവം ഉണ്ടായപ്പോ ബ്രെയിൻ സയൻസ് വേണ്ടി ചേർത്ത് മനസ്സിലാക്കാനുള്ള അറിവ് അവർക്കുണ്ടായി അപ്പൊ ഈ അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും ശാന്തിയൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നതും സത്യമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സന്തോഷ സമാധാനവും ശാന്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു യോഗവാസ ഇഷ്ടം പറ്റും മുഴുവനും കൂടെ വേസ്റ്റല്ല സന്തോഷ സമാധാനം കൂടെ കിട്ടുന്നതാണ് അവസരം ഉണ്ടാകുന്നത് അതിന്റെ ശാസ്ത്രീയമായ തലം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്